ഏറ്റവും അടിസ്ഥാന സിദ്ധാന്തമായിട്ടാണ് അധ്യാസ കാണുന്നത് അത് പിടിച്ചെടുത്താണോ വേറെ പണിയുണ്ടോ എന്നെ അപ്പൊ ഇതാണ് അദ്വൈതത്തിന്റെ അടിസ്ഥാനം പറയുന്നത് എന്താണ് ഇത്രയും ഭാഗമാണ് ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ അദ്വൈതം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു അതില് പിന്നെ അത് എങ്ങനെയാണ് എന്താണ് ഉപനിഷത്ത് ഉപനിഷത്തിന് എന്താണ് ഉപനിഷത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എന്തു പറയും ഓരോരുത്തരും എങ്ങനെ വ്യാഖ്യാനിക്കുന്നോ എന്നാണ് എന്റെ അർത്ഥം ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശങ്കരാചാര്യരുടെ അർത്ഥം രാമാനുജം വ്യാഖ്യാനിക്കുന്നത് രാമാനുജന്റെ അർത്ഥം മാധ്യവം വ്യാഖ്യാനിക്കുന്നത് മാധവന്റെ അർത്ഥം അങ്ങനെ അല്ല നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ വരെ കഴിയുന്നുണ്ട് വ്യാഖ്യാതാക്കൾ എന്ത് പറയുന്നു അതാണ് അതിന്റെ അർത്ഥം നീ ചാർഭാഗം വന്നിട്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ വേറെ അർത്ഥമായിരിക്കും അതുപോലെയാണെന്ത് ഇവിടെ ഇപ്പൊ അധ്യാസ ഭാഷയത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചർച്ച ചെയ്തത് വാമധികാരം പറഞ്ഞാണ് ഇതിന്റെ അർത്ഥം അതോ ഇതാണോ ഇങ്ങനെയാണോ ഭാഷയത്തെ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആണെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് വിവരണകാരൻ വ്യാഖ്യാനിക്കുന്നത് വേറെ രീതിയിലാണ് വാമധികാരം വ്യാഖ്യാനിക്കും പോലെ അല്ല വിവരണകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നു അപ്പോ ശങ്കരാചാര്യരുടെ അദ്വൈതഏതെന്ന് അങ്ങനെ പറയും ആര് എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു അതനുസരിച്ച് ഇതെല്ലാം ഇങ്ങനെ പറയാൻ പറ്റും പിന്നെ ഇതിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത അല്പബുദ്ധികൾ ഗുരുവിന്റെ വാഴ പറഞ്ഞ അതാണ് ഇതാണെന്നുള്ള വാശി പഠിക്കുന്നു അല്ലാതെ നിശ്ചിതമായൊരു അർത്ഥം പറയാൻ ആർക്കും പറ്റത്തില്ല എന്നുണ്ട് ിച്ച് അത് മനസിലാകുമ്പോ ഇതാണ് അദ്വൈതമെന്ന് നമ്മൾ മനസ്സിലാക്കും എന്നാൽ വിവരണകാലം വ്യാഖ്യാനിച്ചിരിക്കുന്ന കണ്ടാലോ അത് വേറെയാണ് അവിടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ചില കാര്യങ്ങൾ ഒഴികെ ചില പ്രധാന സംഭവങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം വിശദീകരണങ്ങളുടെ എല്ലാം എന്താണ് വ്യത്യാസമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരേ തന്നെ പലർക്കും പല അഭിപ്രായങ്ങളും ഓരോരുത്തരും എങ്ങനെ മനസ്സിലാക്കുന്നു അങ്ങനെ അത് അവസാനത്തെ ശരി അങ്ങനെ ഒന്നില്ല ആത്യന്തികമായ ശരി അങ്ങനെയൊന്നില്ല നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു നമുക്കേത് ശരിയെന്ന് തോന്നുന്നു അതാണ് അതിന്റെ ചിത്രം അപ്പോൾ ഭാമതി കാര്യം വളരെ വിപുലമായെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു ഇതൊക്കെ ഒരു ഇങ്ങനെ കേട്ടു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിൽ ഇരിക്കുന്ന വലിയ മനസ്സൊന്നും ഇവിടെയിരിക്കുന്ന ആർക്കും ഇല്ലയെന്ന് എനിക്കറിയാം അതൊക്കെ ഒരു ഭാഗത്ത് കേട്ടതന്ന് പോവും അതാണ് ഉറങ്ങുന്ന അപ്പൊ അതുകൊണ്ട് ഇനി ആ മാത്രം അധ്യാസ ഭാഷ മാത്രം നോക്കുക ഈ വ്യാഖ്യാനത്തിൽ മുഴുകി പോയതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ കാണത്തില്ല കൊണ്ട് അന്റെ ഭാഷകാരം പറയുന്ന ആ ഭാഗം മാത്രം വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല മറ്റ് വ്യാഖ്യാനം ഒന്നും എന്നാല് പൂർവാപരബദ്ധമായിട്ട് ഇതിനെക്കുറിച്ചൊരാശയം നമ്മൾ മനസ്സിൽ ഇരിക്കത്തുള്ളൂ മറ്റൊരുപാട് കാര്യങ്ങൾ വന്നു ഒരുപാട് കാര്യങ്ങൾ വരുമ്പം കുറെ കാര്യങ്ങളങ്ങ് മറന്നുപോകും അതിനകത്ത് ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഈ വാദപ്രതിവാദങ്ങളൊക്കെ ഓർത്തുവെക്കാൻ അത്ര വലിയ വിശാലമായ ബുദ്ധിയൊന്നും നമുക്കില്ല അതുകൊണ്ട് ഇനി അതിന്റെ മൂലം മാത്രം നോക്കൂ പണ്ടോ തുടക്കം തുടക്കം ആ അവിടെ ബാക്കി വ്യാഖ്യാനം എല്ലാം പോയിട്ട് ഇത് മാത്രം അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞു പോവുകയാണ് അതിൻ്റെ ചെറിയ ಪ್ರಯತ್ನಗಳು ವರುನೋಡ ಪಡೆಯಾ ಎಂದಾನಾ ವಿಷಮ ದಸ್ಮ ಪ್ರತ್ಯೋಗೋಜರೇ ಯೋ ವಿಷೇ ವಿಷೇನೋಹ ತಮ ಪ್ರಕಾಶೋದ್ ವಿರುದ್ಧ ಸ್ವಭಾವ್ಯೋಹ ಇದರೇ ಇದರ ಭಾವ ಅನುವರ್ತೋ ಸಿದ್ದಾಯಂತ ಧರ್ಮಾಣಾಂ ಅಪಿ ಸುದ್ರಂ ಇದರೇ ಇದರ ಭಾವ ಅನುಪತ್ತಿ ಇತ್ಯದು ಅಸ್ಮತ್ ಪ್ರತ್ಯೋಗೋಜದೇ ವಿಷೇನ ಚಿದಾತ್ಮಗೆ ವಿಷಮ ಪ್ರತ್ಯೋಗೋಜರಸ್ಯ ഇതാണ് ഇതിന്റെ ഇത്രയും ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇത് ഈ പറയുന്ന സിദ്ധാന്തം അല്ല അപ്പോ അത് വ്യാഖ്യാതാക്കൾക്ക് പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് ബാലക്ഷൻ നായർ സാറിന് തന്നെ വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട് സാറിന് ഇത് സാറത് മലയാളത്തില് എഴുതി അപ്പോ മലയാളമൊക്കെ വ്യാഖ്യാനിച്ചു ആ പുസ്തകം എന്റെ കൊണ്ട് തന്നു അപ്പോ ഞാൻ നോക്കിയപ്പോ സാറ സിദ്ധാന്തമായിട്ട് എഴുതിയിരിക്കുന്നു ഞാൻ പറഞ്ഞു സാറേ പൂർവ്വമാണല്ലോ ഞാൻ ഇനി ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആരെങ്കിലും പ്രസിദ്ധീകരിച്ചോട്ടെ ഞാൻ എന്താ ഭയങ്കര എഴുതിയ വെച്ചു സാറിന് ഇത് പൂർവക്ഷോന്നും സാറിന് മനസിലാകത്തില്ല കാരണം ഇത്തരം ഇതൊക്കെ ഒന്ന് ആരെങ്കിലും അടുത്തൊന്നും പഠിക്കാതെ സ്വയം പഠിച്ചെഴുതി ഒരുപാട് അബദ്ധങ്ങൾ വരും അതാ സാറിന് പറ്റിയത് ഇത് പൂർവക്ഷമാണ് ഇതിനെ ഖണ്ണിച്ചുകൊണ്ടാണ് അവിടുത്തെ സിദ്ധാന്തം പറയുന്നത് അതാദ്യം മനസ്സിലാക്കണം ഈ പറയുന്ന സിദ്ധാന്തമല്ല പൂർവക്ഷം എന്താണ് ഈ പൂർവക്ഷം പറയുന്ന എന്താണ് അധ്യാസം എന്ന് പറയുന്ന ഒന്നും നടക്കത്തില്ല ശങ്കരായ പറയുന്ന സിദ്ധാന്തം ഒന്നാണ് അധ്യാസമാണ് സർവവ്യവഹാരത്തിനും കാരണം ഇതാണ് പറഞ്ഞു വരുന്നത് എല്ലാ തരത്തിലുള്ള വ്യവഹാരത്തിനും കാരണം അധ്യാസം അധ്യാസം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ് സംസ്കൃതമല്ല മലയാളത്തിൽ പറയും ഏന്ന് പറഞ്ഞ ഇവിടെ പറയുന്ന അധ്യാസം ഫാമതി ഒക്കെ പഠിച്ചു കഴിഞ്ഞാ അതെ ആത്മാവും അനാത്മാവും തമ്മിൽ ആത്മാവും അനാത്മാവും തമ്മിലുള്ള താതാമ്യം ഒന്നായിട്ടുള്ള അനുഭവം ആ അനുഭവം എന്താണ് അനുഭവം തന്നെ അങ്ങനെ എന്താ എന്റെ വിശദീകരണങ്ങൾ വരും ചുരുക്കി പറഞ്ഞു ആത്മാവും അനാത്മാവും തമ്മിലുള്ള താതാമ്യമാണ് അധ്യാസം അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് ശങ്കരായ പറയുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പൂർവ്വക്ഷം പറയുന്ന എന്താണ് അങ്ങനെ ഒന്ന് സംഭവിക്കത്തില്ല ഇതൊക്കെ അടിസ്ഥാനപരമായും മനസ്സിലാക്കി വെച്ചിട്ട് വേണം പിന്നെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക അപ്പോ ആത്മാവും അനാത്മാവും തമ്മില് താതാന്മ്യം വരണമെങ്കിൽ ആദ്യം എന്ത് വേണം ആത്മാവും വേണം അനാത്മാവും അനാത്മാവായിട്ട് ശരീരത്തെ എടുക്കുക അപ്പൊ ആത്മാവും നേരത്തെ വേണം അനാത്മാവും ശരീരവും വേണം രണ്ടും കൂടെ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ താതാത്മ്യപ്പെട്ടിട്ട് എന്തനുഭവം ഉണ്ടാവും അഹം നമ തുടങ്ങിയ അനുഭവങ്ങളുണ്ടാകും ഇതാണ് ഈ ഒരു അധ്യാസ പ്രകടനത്തിൽ പറയുന്നതിന്റെ ചുരുക്കം ഇത്രയാണ് ബാക്കി ഒരുപാടൊക്കെ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും മനസ്സിലാക്കി അത്യാസഭ ഭാഷയും മനസ്സിലായി അപ്പോ നേരത്തെ വേണം ആത്മാവും ഉണ്ടായിരിക്കും രണ്ടും തമ്മിൽ താരതമ്യപ്പെടണം അതിനകത്ത് പിന്നെ പല പല പ്രശ്നങ്ങളും വരും അപ്പൊ ഈ അനാത്മാവ് എങ്ങനെ ഉണ്ടായി എന്നുള്ള അനാത്മാവ് വന്നു ഇവിടെ വരുമ്പോഴാണ് ശങ്കരാചാര്യ വ്യാഖ്യാതാക്കളെല്ലാം എന്താണ് തെറ്റുന്നു കൈവിടുന്നല്ല അഭിപ്രായ വ്യത്യാസം വരുന്നത് ആനാത്മാവ് ഇവിടെ നിന്ന് ശരീരം ഇവിടെ നിന്ന് അത് പിന്നീട് ചർച്ച ചെയ്യാം ഇവിടെ ഇപ്പൊ പറയുന്നു നോക്കാം ആദ്യ പൂർവർഷം യുഷ്മ പ്രത്യേക ഗോചരയോഹോ വിഷയവിഷയണോ അപ്പോ വിഷയവിഷയണോഹോ യുഷ്മസ്മത് പ്രത്യേക ഗോചരയോ എന്നുണ്ടെങ്കിൽ വിഷയവും വിഷയി വിഷയിന്ന് പറയുന്ന ആരാണ് ഇവിടെ തന്നെ പറയും ചിതാത്മാ വിഷയിന്ന് പറയുന്നത് ചിതാത്മാ വിഷയം എന്ന് പറയുന്നത് ശരീരം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതെന്താണ് യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരവുഹോ യുഷ്മത് പ്രത്യയ ഗോചരം എന്ന് വെച്ചാൽ യുഷ്മത് പ്രത്യം എന്ന് വെച്ചാൽ ഇതെന്ന ബോധം അതിന് ഗോചരം എന്ന് വെച്ചാൽ അതിന് വിഷയമായിരിക്കുന്ന ഇത് എന്ന് അറിയുന്നതേതോ അതാണ് യുഷ്മത് പ്രത്യ ഗോചരം അസ്മത് പ്രത്യഗോചരം എന്ന് പറഞ്ഞാലോ അസ്മത് പ്രത്യക അഹമെന്നുള്ള അത് അറിയുന്നേതോ അതാണ് അസ്മത് പ്രത്യക ഗോചരം അപ്പൊ അസ്മത് പ്രത്യക ഗോചരം ശരീരം ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഈ പറയുന്ന അർത്ഥങ്ങളൊക്കെ പിന്നെ ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരും ആത്മാവിനെ അറിഞ്ഞു ആ ചോദ്യങ്ങൾക്ക് മുമ്പോട്ട് വരുമ്പോൾ സമാനം പറയും ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കും വിഷമത് പ്രത്യേക ഓരോന്ന് പറയുന്നത് എന്താണ് അസ്മത് പ്രത്യേക ഓരോ എന്താണ് ചിലത്മാവ് അതാണ് വിഷയവിഷയണോ അതില് ഒന്നിന വിഷയം എന്ന് പറയും അറിയപ്പെടുന്നത് വിഷയം അതേതിനാണ് വിഷയം എന്ന് പറയുന്നത് ശരീരത്തെ മറ്റൊന്നിനും വിഷയി എന്ന് പറയും അതാരാണ് അതിന് വിഷയി എന്ന് പറയുന്നത് എന്തുകൊണ്ട് അറിയുന്നവൻ വിഷയത്തെ അറിയുന്നവൻ ചിതാത്മാവ് ഇന്ന് ഒരു ഉദാഹരണമാണ് അടുത്ത് പറയുന്നത് തമപ്രകാശോ വിരുദ്ധ സ്വഭാവയോഹോ ഇത് രണ്ടും ഏത് ആത്മാവും ശരീരവും ചിതാത്മാവും ശരീരവും തമപ്രകാശവും ഇരട്ടും പ്രകാശവും തമസും പ്രകാശവും പോലെ എന്താണ് വിരുദ്ധ സ്വഭാവവും പരസ്പര വിരുദ്ധ സ്വഭാവമുള്ളതാണ് ചിതാത്മാവും ശരീരവും പരസ്പരവിരുദ്ധ സ്വഭാവമുള്ളതാണ് അതിന് ആ വൈരുദ്ധ്യത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്താണ് അത് ഇരുട്ടും വെളിച്ചവും പോലെയാണ് അത് നമുക്ക് സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇരുട്ടിന്റെ നേരെ വിപരീതമാണ് വെളിച്ചം വെളിച്ചത്തിന്റെ നേരവിപരീതമാണ് ഇരുട്ട് ചിതാത്മാവിന് നേരവിപരീതമാണ് ശരീരം ശരീരത്തിന് നേരെ വിപരീതമാണ് ചിതാത്മാവ് അപ്പം രണ്ടും തമ്മിലുള്ള പ്രത്യേക ഏറ്റവും പ്രധാന വ്യത്യാസം എന്താണ് ചെറിയ ഭാഷയിൽ പറ കടുത്ത ഭാഷയിൽ പറയാം ആ ഒന്ന് ജഡം മറ്റൊന്ന് ചൈതന്യം ആ വ്യത്യാസം കാണിക്കാനാണ് ഇരുട്ടും വെളിച്ചവും പോലെ ജഡോന്ന് പറഞ്ഞാ എന്താ എന്റെ അർത്ഥം ചൈതന്യം ഇല്ലാത്തത് അപ്പൊ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈതന്യശൂന്യമാണ് അത് ചൈതന്യശൂന്യം എന്ന് പറയാൻ കാരണം മരിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു ചൈതന്യം ഇല്ല ജീവിച്ചിരിക്കുമ്പോ ചൈതന്യം ഉണ്ട് അത് അധ്യാസം കൊണ്ടൊന്നാണ് ശങ്കരാ പറയുമ്പോ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ ചൈതന്യം അല്ലെങ്കിൽ അറിവ് മനസിലായോ അല്ലെങ്കിൽ ഇന്നത്തെ വാഴ പറഞ്ഞാൽ സെൻസേഷൻ ഇവിടെ കൊതുക് കടിച്ചാ ഞാൻ അറിയുന്നു എന്തുകൊണ്ട് കൊതുകടിച്ചറിയുന്നു ശരീരത്തിൽ സെൻസേഷൻ ഉണ്ട് ആ സെൻസേഷൻ എന്താണ് അറിവ് ഈ ശരീരത്തിൽ ഈ അറിവ് എങ്ങനെ വന്നു ചിതാത്മാവിന്റെ താതാത്മ്യം കൊണ്ട് വന്നെന്നാണ് ആര് പറയുന്നത് സ്വന്തരാചാര്യര് കണ്ടുപിടിച്ച് കൊണ്ട് എങ്ങനെയാണ് ചിതാത്മാവിന്റെ താതാത്മ്യം കൊണ്ട് ശരീരത്തിൽ ഈ ചൈതന്യം വന്നു എന്നാണ് പണ്ടത്ത് കണ്ടുപിടുത്തം അപ്പൊ അല്ലെങ്കിൽ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ് ജഡമാണ് ജഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചൈതന്യം ഇല്ല മറ്റത് ചൈതന്യമാണ് പണ്ടും ഇന്നും എന്താണ് ശാസ്ത്രജ്ഞന്മാരേ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരേയും പണ്ടത്തെ ചിന്തകന്മാരെയും ഒക്കെ കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമാണെന്ത് ഈ അറിവും ജഡവും രണ്ടും വ്യത്യസ്ത സ്വഭാവമുള്ളതാണ് മനസ്സിലായോ ഒന്ന് ചൈതന്യശൂന്യമാണ് ജഡവെന്ന് പറഞ്ഞാൽ പുസ്തകം ജഡമാണ് ചൈതന്യശൂന്യമാണ് എന്നാ ഉള്ളിലിരിക്കുന്ന എന്താണ് അറിവും ചിതാത്മാന്ന് പറഞ്ഞാൽ അറിവ് ഇത് രണ്ടും പരസ്പര വിരുദ്ധ സ്വഭാവമാണ് ഇക്കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതിന് തുല്യമായി പറയാൻ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം ഇരട്ട് വിളിച്ചോന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയാവത്തില്ല എന്തുകൊണ്ട് ശരിയാവില്ല അങ്ങനെ ും ആ കാരണം ഇരുട്ടും വെളിച്ചമെന്ന് പറയുമ്പോ അതാണ് ഭാവനികാരം പറഞ്ഞത് നട്ടുച്ചയ്ക്കുള്ള വെളിച്ചത്തെ എടുക്കുക അവിടെ ഇരുട്ടില്ലല്ലോ അല്ലാ സായം സന്ധ്യയ്ക്കും പ്രഭാതത്തിലൊക്കെ എന്താണ് ഇരുട്ടും വെളിച്ചവും നമ്മള് കലർന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അത്യന്തവിരുദ്ധം എന്ന് പറയാൻ പറ്റില്ല നമ്മള് മങ്ങിയ വെളിച്ചം നിഴല് എന്നൊക്കെ പറയുന്നിടത്ത് രണ്ടും അത് ജഡവും ചൈതന്യം പോലെ ശരിക്കും എന്താണ് പഴയകാലത്ത് ഇവർ സേവിച്ചിരുന്ന ഇരുട്ടെന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ടെന്നാണ് അദ്വൈതികളൊക്കെ പറഞ്ഞത് അർഹികന്മാർ പറഞ്ഞു അങ്ങനെയല്ല വെളിച്ചത്തിന്റെ അഭാവമാണ് ഇന്ന് അതാണ് പറയുന്നത് ഇന്നത്തെ സയൻസ് പറയുന്ന എന്താണ് വെളിച്ചത്തിന്റെ അഭാവമാണ് ആബ്സെൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയും വെളിച്ചമില്ലാതിരിക്കുന്നതാണ് എന്താ ഇരുട്ട് അല്ല ഇരുട്ടെന്ന് പറയുന്ന ഒരു വസ്തുല്ല വെളിച്ചമെന്ന് പറയുന്നതിനെന്താണ് അതൊരു സ്പെക്ട്രമാണ് എന്നുവെച്ചാൽ അത് ഒരു വസ്തുവല്ല അതിങ്ങനെ പല വെളിച്ചമെന്ന് പറയുന്നതിന് പറയുന്ന ഫോട്ടോൺസ് എന്നാണ് പ്രകാശ കണങ്ങളെന്നാണ് പറയുന്നത് അത് പലതരത്തിലുണ്ട് നമ്മൾ കാണുന്ന ഈ നമ്മൾ കാണാൻ വയ്യാത്ത ലൈറ്റുകൾ പലതരത്തിലുള്ള പ്രകാശങ്ങളുണ്ട് അപ്പോ അതൊരു എന്താണ് സ്പെക്ട്രോം എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറഞ്ഞു ആ നൈരന്തര്യമായിട്ട് കൂടിയും കുറഞ്ഞു ഇരിക്കുന്ന ഒന്നാണ് പല ആവർത്തിയിലുള്ളതാണ് അങ്ങനെയുള്ള ഒരു പ്രകാശമാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പ്രകാശം ആ പ്രകാശം പ്രകാശത്തിന്റെ ഇല്ലായ്മയാണെന്ത് ഇരുട്ടെന്ന് പറയുന്ന ഇരുട്ടെന്ന് പറയുന്ന ഒരു വസ്തു ഇപ്പൊ രണ്ട് വസ്തുക്കളില്ല ശരി പ്രകാശമൊന്നും ഇരുട്ടൊന്നും പറയുന്ന രണ്ട് വസ്തുക്കളില്ല ഒന്നേ ഉള്ളൂ എന്ത് പ്രകാശം ഇരുട്ടെന്ന് പറയുന്നതോ ആ പ്രകാശം ഇല്ലാതിരിക്കുന്നതാണ് മനസിലായ പ്രകാശത്തിന്റെ ഇല്ലായ്മയാണ് അതാണ് ഇന്ന് പറയുന്നത് പക്ഷെ ഇവിടെ രണ്ട് വസ്തുക്കളായി കണ്ടുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഉദാഹരണം പറയുന്നു വെളിച്ചവും ഇരട്ട് രണ്ട് വസ്തുക്കളുണ്ടെന്ന് അങ്ങനെ ഒരു പഴയ ധാരണയിലാണ് ഉദാഹരണം പറയുന്നേക്കെന്താണ് പണ്ടത്തെ അറിവ് വെച്ചാൽ അത് പൂർണമായും ശരിയല്ല രണ്ട് വസ്തുവിൽ ഒന്നേ ഉള്ളൂ വെളിച്ചമേ ഉള്ളൂ പക്ഷേ ചൈതന്യവും ജടവും അത് രണ്ടുണ്ട് നമ്മുടെ ഉള്ളിൽ അറിവുമുണ്ട് ഇവിടെ അറിവില്ലാത്ത ഇതുപോലെയുള്ള ജടവസ്തുക്കളും ഉണ്ട് അത് ശരിയാണ് അതുപോലെയല്ല വെളിച്ചവും ഇരട്ടും ഇത് പണ്ടേ താർക്കികന്മാർ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയല്ല വെളിച്ചവും ഇരുട്ടും എന്ന് രണ്ടു വസ്തുല്ല പിന്നെ എന്താണ് വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ടും മീമാംസകരാണ് പറഞ്ഞാൽ അങ്ങനെയല്ല വെളിച്ചം കൊണ്ട് ഇരുട്ടുകൊണ്ടെന്ന് അത് വെച്ചുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ വിരുദ്ധ സ്വഭാവമുള്ള എന്താണ് വിഷയവിഷീണോഹോ യുഷ്മസ്മത് പ്രത്യോ ഗോചരയോഹോ എല്ലാം ചേർത്ത് തന്നെ വിരുദ്ധ സ്വഭാവയോഗോ ഇതരേതര ഭാവൂപത്തോ ഇതരേതര ഭാവം അനുപന്നമാണ് യുക്തമല്ല ഇതരേതര ഭാവം എന്ന് വെച്ച താതാത്മ്യ അല്ലെങ്കിൽ സംസർഗം എന്നും പറയാം താതാത്മ്യൊന്ന് ഭാമതികാരൻ വ്യാഖ്യാനിക്കുന്നതാണ് വിവരണകാരൻ വ്യാഖ്യാനിക്കുന്ന സംസർഗം ഇത് രണ്ടും തമ്മിലുള്ള സംബന്ധം ശരിയാവില്ല അതായത് വെളിച്ചവും ഇരട്ടും കൂടെ കൂടിച്ചേർന്നിരിക്കാൻ പറ്റും എന്നാണ് നല്ല വെളിച്ചവും നല്ല ഇരട്ടം കാരണം വെളിച്ചം വന്നാൽ ഇരട്ട നശിപ്പിക്കും പിന്നെ എങ്ങനെയാണ് അത് കൂടിച്ചേർന്നിരിക്കുന്നത് അതുപോലെ ചൈതന്യവും എന്താണ് ഈ ജഡവും തമ്മിലെങ്ങനെ ചേർന്നിരിക്കും അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ശരീരം എങ്ങനെ ചൈതന്യവത്താകും കാരണം രണ്ടും രണ്ടും വ്യത്യസ്ത സ്വഭാവമുള്ള തികച്ചും വ്യത്യസ്തമാണ് രണ്ടെണ്ണവും ചേരാൻ പറ്റില്ല ഇതാണ് പൂർവോക്ഷി പറയുന്നത് രണ്ടും വ്യത്യസ്തമാണ് ഇത് പണ്ട് പൂർവക്ഷി പറഞ്ഞ ഇന്നും എന്താണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ഇതിൽ കിടന്ന് കുഴയുന്ന ഒരു സംഭവമാണ് എങ്ങനെയാണ് ഈ ശരീരത്തിൽ ഈ ചൈതന്യം വരുന്നത് അതെങ്ങനെ ശരിയാവും കാരണം ചൈതന്യം അറിവെന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ജഡം വ്യത്യസ്തമായ ഒന്നാണ് ഇതെല്ലാം കൂടെ ചേരുന്നതെങ്ങനെ ഇന്ന് പറയുന്ന എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ട് ശരീരത്തിൽ ചൈതന്യം വരും വരുന്നു എന്നാണ് ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ട് ഇങ്ങനെ ചൈതന്യം വരും കാരണം ബ്രെയിനും ചൈതന്യം വ്യത്യസ്തമാണ് വ്യത്യസ്തമായിരിക്കുന്ന ഒന്ന് ബ്രെയിനിൽ ശങ്കരാചാര്യർ പറയുന്നത് എന്താണ് രണ്ടും കൂടെ താതാന്ന് വരും അവിടെ ഈ പ്രശ്നം വരും തികച്ചും വ്യത്യസ്തമാണെങ്കിൽ ഒട്ടും തൊടാൻ വയ്യാത്തതാണെങ്കിൽ രണ്ടെണ്ണം എങ്ങനെ ചേർന്നിരിക്കും എന്ന് ചോദിച്ചു ചോദിച്ചു പോയി കഴിഞ്ഞാൽ ശങ്കരാചാര്യരും മേയർക്കും മനസിലായ തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഈ ചൈതന്യവും ജഡവും എങ്ങനെ ചേരും രണ്ടും പരസ്പര വിരുദ്ധമാണ് വെളിച്ചത്തിൽ ഇരുട്ടിരിക്കുക എന്ന് പറയും പോലെ അത് നടക്കരുള്ളൂ വെളിച്ചത്തിൽ ഇരുട്ട് നശിച്ചു നല്ല വെളിച്ചമാണെങ്കിൽ നല്ല ഇരുട്ട് നശിച്ചു വെളിച്ചത്തിൽ ഇരുട്ടിലിരിക്കാൻ നമുക്കത്തില്ല ഇരുട്ടിൽ വെളിച്ചത്തിലും കയറിയിരിക്കാൻ നമുക്കത്തില്ല ഇരുട്ടിൽ വെളിച്ചം കഴിഞ്ഞാൽ എന്ത് ഇരുട്ട് പോകും പിന്നെ വെളിച്ചം ഇരുട്ടിരിക്കും ഇരുട്ടില്ലാത്തടത്ത് വെളിച്ചം ഇരിക്കും അങ്ങനെ പറയാൻ പറ്റും അതുപോലെ ഈ ചൈതന്യം എന്ന് പറയുന്നത് എന്തായാലും അറിവാണ് ജഡവെന്നാർക്കും പറയാൻ പറ്റി വ്യത്യസ്തമാണ് അതെങ്ങനെ ചേരും കുറവ് പറയുന്നതാണ് താതാമ്യം അനുഭത്വം ഇത് രണ്ടും കൂടെ ചേരത്തില്ല ചേരുന്നാലേ നമ്മുടെ ശരീരത്തിൽ ചൈതന്യം വരും നമുക്ക് ബോധമുണ്ടാവത്തുള്ളു പഴയകാലത്ത് ശരീരത്തിന്റെ കാര്യം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ശരിക്കും നമുക്ക് ബോധം വേണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ബ്രെയിനിൽ ബോധം വരണം നമ്മുടെ ബ്രെയിനിൽ ബോധം കാരണം ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന എന്താണ് ബ്രെയിനാണ് ആ ബോധമാണ് അവിടെ വരുമ്പോഴാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും വിഷയങ്ങൾ ഗ്രഹിക്കുന്നതും ശരീരത്തിന്റെ സർവ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന എന്താണ് നമ്മുടെ ബ്രെയിനിൽ പ്രകടമാകുന്ന ഈ ബോധമാണ് ഇതെങ്ങനെ വരും അവിടെ ബ്രെയിൻ എന്ന് പറയുന്നവരും ജഡമാണ് മറ്റത് ബോധമാണ് ഇതെങ്ങനെ ഇത് ചേരത്തില്ല എന്നാണ് പൊറോക്ഷി പറയുന്നത് പക്ഷെ ചേരുന്നു എന്നുള്ള നമ്മുടെ അനുഭവം അപ്പൊ പിന്നെ ഒരു ചോദ്യമാണ് ഇതെങ്ങനെ ചേരും ഇതിന് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല ോകരഹസ്യം ആർക്കുമേന്ന് പണ്ടാശം പറഞ്ഞതുപോലെയാണ് കാരണം തികച്ചും വ്യത്യസ്തമായിരിക്കും പൊറുപി ചോദിക്കുന്ന ഇതാണ് ഇതെങ്ങനെ അനുഭവത്തോ അതെങ്ങനെ ചേരും ചേരത്തില്ല പക്ഷെ ശങ്കരാചാര്യ എന്തു ചെയ്യുന്നു തന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് അതിനെ ചേർക്കാൻ വേണ്ടിട്ടൊരു സിദ്ധാന്തത്തൂടെ ഉണ്ടാക്കി അതാണ് അത്യം ഈ ചിത്തിനെയും ജത്തിനേയും കൂടെ യോജിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും യോജിക്കാത്ത രണ്ടിനെയും കൂടെ യോജിക്കാൻ വേണ്ടി എന്ത് ചെയ്തു സിദ്ധാന്തത്തെ ആ സിദ്ധാന്തത്തിനെയാണ് അധ്യാസം ഒന്ന് എന്റെ ചുരുക്ക പേരാണെന്ത് അധ്യാസം അതെന്ന് വെച്ചാൽ ശങ്കരായർക്ക് ശേഷമാണ് ആരും വന്നത് രാമാനുജാചാര്യ രാമാനുജാചാര്യതൊക്കെ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞ് ഇതൊരിക്കലും ശരിയാവുന്ന കാര്യമില്ല ഉം ഇങ്ങനെ ഇങ്ങനെ ചേർക്കാൻ ഇതിങ്ങനെ ചേർക്കാൻ ഈ ചിത്തിനെയും ജടത്തിനേയും കൂടെ ചേർക്കാൻ ഊക്കത്തില്ല ചേരത്തില്ല ഈ ശങ്കരായ ആൾക്കാരെ കണ്ണില് പൊടിയിടുകയാണ് അങ്ങ് ചേരുമെന്ന് അങ്ങ് പറയുകയാണ് തൻ്റെ ഇടമായിട്ട് പറയുക ഏതാണ് ഇതരേതര ഭാവ അനുഭത്വ സിദ്ധായം ഇതരേതര ആ തമ്മിൽ ചേരത്തില്ല ഇതരേതര ഭാവം ഇതിലുണ്ട് സംസർഗം എന്ന് പറഞ്ഞാലും ശരി താതാത്മ്യം എന്ന് പറഞ്ഞാലും ശരി ഇത് നടക്കുന്ന കാര്യം എന്താ അതുകൊണ്ട് തന്നെ തദ്ധർമാണഭി സുതരാം ഇതിരേതര ഭാവ അനുപത്തി ചിതാത്മാവിന്റെ ധർമ്മങ്ങളും ജഡർമ്മങ്ങളും തമ്മിലും ചിതാത്മാവിന്റെ ധർമ്മങ്ങളും ജഡധർമ്മങ്ങളും ചേരത്തില്ല ജഡധർമ്മം ചേരില്ല നമുക്ക് മനസ്സിലാകാം കാരണം ഇത് ശരീരം ഇത് ജഡമാണ് ജഡത്തിന്റെ ധർമ്മമാണ് കൃഷത്വം സ്ഥൂലത്വം യൌവനം വാർദ്ധക്യം ഇതൊക്കെ ജഡ ശരീരധർമ്മങ്ങൾ ജീർണത അത് ചൈതന്യത്തോട് ചേരത്തില്ല ചിതാത്മാവിനോട് ചേരത്തില്ല അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കാം ചിതാത്മാവിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്തോന്നു അവിടെയൊരു പ്രശ്നമാണ് ൊഴുക്കം മട്ടില് പറഞ്ഞു പോയാണ് ചിതാത്മാവിന്റെ ധർമ്മം ജടത്തി ശരിയില്ലെന്ന് എന്താണ് ചിതാത്മാവിന്റെ ധർമ്മം എന്താണ് ചിതാത്മാവെന്ന് പറയുന്നതിന് എന്താണ് സ്വയം ചിത്താണ് അതിന് വേറെ ധർമ്മമൊന്നുമില്ലെന്നാണ് പറയുന്നത് എന്തോന്ന് ചിതാത്മാവ് നിർഗുണമാണ് ഗുണങ്ങളൊന്നുമില്ല ഒരു ധർമ്മവുമില്ല പിന്നെ അതിന്റെ ധർമ്മം ശരീരത്തിൽ ശരിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് എന്താ ചിതാത്മാവിന്റെ ധർമ്മം ശരീരത്തിൽ അതിന് പിന്നെ വിവരണകാരൻ പത്മവാദാചാര്യർ മറ്റൊക്കെ അതിനൊരു യുക്തി കണ്ടുപിടിക്കും അവർ പറയുന്നത് ചിതാത്മാവിന് ധർമ്മമൊന്നുമില്ല ചിതാത്മാവ് നിർഗുണമാണ് ഒക്കെയാണെങ്കിലും അതിനൊരു ധർമ്മത്തെ നമുക്ക് കൽപ്പിക്കാം ഉപാധികളുമുണ്ട് അന്ധക്കരണം തുടങ്ങിയ ഉപാധികളുള്ള ആ ചിതാത്മാവിന് ചൈതന്യം എന്ന് പറയുന്ന ഒരു ധർമ്മത്തെ കല്പിക്കണം ആ ധർമ്മം ശരീരത്തിൽ വരത്തില്ല എന്നാണ് പറയുന്നത് ചിതാത്മാവ് സ്വയം എന്താണ് നിർഗുണമാണ് നിർഗുണമെന്ന് വെച്ചാൽ ഗുണങ്ങളൊന്നുമില്ല ഒരു ധർമ്മം അതിനില്ല നിർധർമ്മകമായിട്ട് പ്രപഞ്ചത്തിൽ ഒരു വസ്തുയുള്ളൂ എന്താണ് അതാണ് ചിതാത്മാവ് ബ്രഹ്മം ചിത്തം എന്ന് പറയാം ചിത്തം എന്ന് പറയുന്ന അതിന്റെ ധർമ്മമല്ല പിന്നെ എന്താണ് ചിത്തം എന്ന് പറയുന്ന സ്വരൂപമാണ് ചിത്തിനെ ധർമ്മമായിട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ എന്തായിട്ടെടുക്കണം സ്വരൂപമായിട്ട് അപ്പൊ ധർമ്മർമ്മം ഇല്ലാത്ത ഒന്നാണ് പിന്നെ അതിന്റെ ധർമ്മം ഇനിയും വരില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം അത് ചിത്ത് സ്വരൂപമാണെങ്കിലും അന്ധക്കരണം പോലെയുള്ള ഉപാധികളുടെ ഉപാധികൾ കൊണ്ട് അതെന്തുണ്ടാകുന്നു അതിന് ചൈതന്യം എന്ന് പറയുന്ന ഒരു ധർമ്മം ഉണ്ടാകുന്നു അതാണ് ഈ ശരീരത്തിൽ വന്നിരിക്കുന്നു അപ്പോ ധർമ്മമില്ലാത്ത ആത്മാവിന് കല്പിക്കുന്ന ധർമ്മങ്ങൾ ശരീരത്തിൽ വരുന്നു അതാണ് ഈ ചൈതന്യം എന്നതങ്ങനെ വ്യാഖ്യാനിക്കുന്നു അങ്ങനെ വ്യാഖ്യാനിച്ചത് ശരിയാകത്തുള്ളൂ ശങ്കരകരങ്ങ് പറഞ്ഞുപോയെന്താണ് ചിതാത്മാവിന്റെ ധർമ്മം ശരീരത്തിൽ വരത്തില്ല ധർമ്മമില്ലാത്ത ചിതാത്മാവിന് എന്താ ധർമ്മം ഏത് ധർമ്മമാണ് ശരീരത്തിൽ വരാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് എഴുപം ചർച്ച ചെയ്യും ഇവിടെയൊന്നും ചർച്ച ചെയ്ത് ഇവിടെ നമ്മൾ മനസ്സിലായിക്കോണോ എന്താണ് ശരീരത്തിന്റെ ധർമ്മം ജഡത്വം മുതലായ ആത്മാവി വരത്തില്ല ധർമ്മം ചൈതന്യം മുതലായ ശരീരത്തിനും വരില്ല അങ്ങനെ ചൈതന്യത്തെ ധർമ്മമായിട്ട് എടുക്കാമെങ്കിൽ ആനന്ദത്തെയും ധർമ്മമായിട്ടെടുക്കാം അല്ലേ ശരീരത്തിലൊക്കെ ഒന്നല്ല എ സിയുടെ കാറ്റടികം പറയും നല്ല അസുഖം എന്ന് പറയും അപ്പൊ സുഖ ശരീരത്തിൽ അനുഭവം അനുഭവിക്കുന്നുണ്ട് ആത്മാവിന്റെ ധർമ്മമാണ് ആത്മാവിനെന്താ അങ്ങനെ ഒരു ധർമ്മം ഉണ്ടോ പറയുന്നു സുഖം ആത്മാവിന്റെ സ്വരൂപമാണ് അന്ധക്കരണമാകുന്ന ഉപാധിയിലൂടെ ആ സുഖം എവിടെ വരുന്നു ശരീരത്തിൽ വരുന്നു അത് വ്യാഖ്യാനിക്കുന്നു വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തരുന്നു രുന്നു ആത്മാവും അനാത്മാവും തമ്മിൽ സംസർഗം വരത്തില്ല താതാത്മ്യം വരത്തില്ല ആത്മധർമ്മവും അനാത്മധർമ്മവും തമ്മില് താതാത്മ്യവും വ്യക്തമായും ഇതരേതരഭാവ അനുഭൂതി ഇതരേതരഭാവം എന്ന് വെച്ചാൽ താതാത്മ്യം അല്ലെങ്കിൽ സംസർഗം അനുപന്നമാണ് അത് യോജിക്കത്തില്ല അപ്പൊ ഇവിടെ ആദ്യത്തെ ഈ ഭാഗത്തുതന്നെ എന്ത് ചെയ്യുന്നു അധ്യാസത്തെ നിഷേധിച്ചു ആത്മാവും അനാത്മാവും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും തമ്മിലും ഒരിക്കലും ചേരത്തില്ല അതുകൊണ്ടെന്താണ് അധ്യാസം ന അധ്യാസം എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല എന്നാണ് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ എന്താണോ നമ്മുടെ ശരീരത്തിൽ ചൈതന്യമുണ്ട് അപ്പോ ഈ ചൈതന്യം പറയുന്നതിന്റെ താല്പര്യം ഇതാണ് ചൈതന്യ ചാർ ബോധം ഇങ്ങനെ ഒരു ചൈതന്യം നമ്മുടെ ശരീരത്തിൽ വരണമെങ്കിൽ എന്താണ് ഈ ചൈതന്യം വരുന്നതിന് കാരണമായി ഇതിന്റെ ഒരു ഉറവിടമായി ഇതിന്റെ പിന്നിൽ ഒരു സാക്ഷ്യരൂപത്തിലുള്ള ചൈതന്യം വേണം ചിതാത്മാ അവിടെ നിന്ന് ആണ് ചൈതന്യം എവിടെ വന്നത് ശരീര ഇതും അതും തമ്മിൽ എന്താ ബന്ധം ഒരു എന്തുകൊണ്ട് ഇത് ജഡമാണോ അത് ചൈതന്യമാണ് ഒരു ബന്ധമില്ല കടലും കടലാടിയും പോലെയാണ് അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ ചേരും അതിൽ നിന്ന് അങ്ങനെ ഇത് ചൈതന്യം വരും ഇതിന് കാരണം രണ്ടിനും കൂടെ ബന്ധപ്പെടുത്താമെന്നു വേണ്ടി രണ്ടും വിളിച്ചു വരട്ടും പോലെ തികച്ചും വ്യത്യസ്തമാണെങ്കിൽ ഇതെങ്ങനെ ചേരും ആ ചേർച്ചൊക്കെയാണ് ഭാഷികാരൻ ദുപേര് പറഞ്ഞത് അധ്യാസം കൂടസ്ത ചൈതന്യതിന്റെ പിന്നിലുണ്ട് കൂടസ്ഥൻ എന്ന് പറയും സാക്ഷി എന്ന് പറയും പരബ്രഹ്മെന്ന് പറയും സച്ചിദാനന്ദനെ ഒന്നവിടെ ഉണ്ട് അത് ആണ് ചൈതന്യം അത് ഇതി വന്നു എന്നാണ് ഇതെങ്ങനെ വരും എന്നുള്ളതാണ് പിന്നെ ഇതിലുണ്ടായിന്ന് പറയാൻ പറ്റും ചാരുഭാഗന്മാര് പറയും പോലെ ചാരായം ഇതെല്ലാം അവിടെ കറുക്കി വെച്ചപ്പോ ചാരായം ഉണ്ടായതുപോലെ എന്താണ് ലഹരി ഉണ്ടായതുപോലെ ഇതിൽ നിന്ന് ചൈതന്യം ഉണ്ടാവും പറയുന്നു ഇതിൽ നിന്നുണ്ടാകുന്ന ഇതിന്റെ സ്വഭാവമുള്ളതേ ഉണ്ടാവും ജഡത്തിൽ നിന്നുണ്ടാകുന്ന എന്താ എല്ലാ എന്തായിരിക്കും ജഡവേ ഉണ്ടാവും അതിൽ നിന്നിങ്ങനെ ചൈതന്യം ഉണ്ടാവും കാരണം ചൈതന്യം ജഡവും തമ്മിൽ ഒരിക്കലും ചേരുന്നതാണ് അപ്പം ഇതിൽ നിന്നുണ്ടായി ഉണ്ടായിരുന്നു വരുമ്പം ആണ് ബ്രെയിനിൽ നിന്ന് എന്താണോ ചെയിന് ഉണ്ടാവില്ലെന്നു ചില ന്യൂറോ സയന്റിസ്റ്റുകൾ ഒക്കെ പറയുന്നത് ചിലർ പറയുന്നതാണ് അതിനാണ് ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും ബ്രെയിനിൽ നിന്ന് ബോധത്തിന് ഉണ്ടാകാൻ പറ്റത്തില്ല ബ്രെയിൻ എന്ന് പറയുന്നത് ഭൗതികമാണ് ബോധം എന്ന് പറയുന്നത് ഭൗതികമല്ല അത് അതിൽ നിന്ന് ബോധം ഉണ്ടാവും ഉണ്ടാകുന്നില്ല അപ്പൊ പിന്നെ ഒരേ വഴി വഴികളും വേറെ ഒരു സ്ഥലത്ത് നിന്ന് ബോധം ഇങ്ങോട്ട് വന്നു അതെന്താണ് അത് ഇതാണോ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധമില്ല എന്തെങ്കിലും പിന്നെ അവിടെ എന്തെങ്കിലും വരും അവിടെയും പ്രശ്നമാണ് രണ്ടു രീതി പറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ അദ്വൈതേനെന്ത് വിദ്യ കണ്ടുപിടിച്ചു അദ്വൈത പറഞ്ഞു നിർഗുണമായ ഒരു സാധനമുണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് വരും ആ വരുന്നതിൻ്റെ പേരാണെന്തു അത്യാസം ശങ്കരചാരനൊരു പുതിയൊരു വ്യാഖ്യാനം കൊടുത്ത് അങ്ങനെ വരുന്ന അധ്യാസം എന്ന് പറയുന്ന ഒരു ആ ഒരു വാക്കുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത് ആര് അധ്യാസം ഒറ്റ വാക്കുകൊണ്ട് അതുകൊണ്ട് അവിടെ ചെയ്തേ ഇതില് വന്നു അപ്പൊ ചോദിക്കും എന്താണോ അധ്യാസം അതാണ് പറഞ്ഞെന്താണ് സ്മൃതിരൂപ പരിത്രപൂർവ്വോപാസ അതസ്മിൻ ി ഇതെല്ലാം പിന്നെ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചു വേണം എന്താണ് ഈ അധ്യാസം എന്നുള്ള മനസ്സിലാക്കുക അത് വ്യാഖ്യാനിക്കുന്നിടത്താണ് ശങ്കരായ ശിഷ്യന്മാരെല്ലാം കൂടെ എന്തു ചെയ്യുന്നത് ഏ തമ്മിലടിക്കുന്നു നീ പറയുന്നതി ഞാൻ പറയുന്നാണെന്ന് പറയുമ്പോ ഇപ്പോഴ നീ പറയുന്ന ഞാൻ പറയുന്നാണ് ശരി ാനിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞു അധ്യാസം എന്ന് പറഞ്ഞിട്ട പ്രശ്നമൊന്നുമില്ല അധ്യാസത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് അവിടെയാണ് പ്രശ്നം ഗുരു പറയുന്നത് എപ്പോഴും മനസിലാക്കണം എന്താണ് ഈ പാരമ്പര്യമായ അധ്യാസത്തെ അതേ സാങ്കേതികമായ പദങ്ങൾ ഉപയോഗിച്ച് ഇവർ പറയുന്നു പക്ഷെ എന്താണ് വ്യാഖ്യാനിക്കുന്നവർ യോജിക്കുന്നുണ്ടോ ഉണ്ടോ ബാലാമ്പണിക്കര് പറയുന്ന നറാജി ആയ കഥ വിവരമുള്ള എന്താ എഴുതി വെച്ചിരിക്കുന്നത് അസംബന്ധം നിത്യം ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത് പറയുന്നത് ശരിയല്ല എന്താണ് വ്യാഖ്യ വ്യാഖ്യാനിക്കുന്നവരുടെ ഇടയിലാണ് തർക്കങ്ങൾ ശങ്കരായവർക്ക് തർക്കം ശങ്കരായ അധ്യാസമാണ് പറഞ്ഞു തീർന്നു എന്താണെന്നത് മനസ്സിലാക്കാൻ പോയാൽ എന്ത് വരും തർക്കം വരും അപ്പോ ആ അധ്യാസം എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നിടത്തോ ബ്രഹ്മം എന്ന് പറയുന്ന വാക്കുപയോഗിക്കുന്നിടത്തോ അവിടെ വ്യാഖ്യാനിക്കുന്നിടത്താണ് പ്രശ്നം ആ പ്രശ്നമൊന്നും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് ഇത് ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പക്ഷെ ശങ്കരാ അത് തന്റേതായ രീതിയിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കും നമ്മൾ മനസ്സിലാക്കണം പിന്നെ നമ്മളത് തന്നെ വ്യാഖ്യാനിക്കും നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ തമ്മിൽ എന്തോരം അപ്രവ്യത്യാസം ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും യോജിക്കാൻ പറ്റത്തില്ല എന്തായാലും ഇവിടെ അടുത്തെന്താ വ്യാഖ്യാനിക്കുന്നത് നോക്കാം അപ്പൊ ഇത്രയും പറഞ്ഞു വെച്ചെന്താണോ ആത്മാവും അനാത്മാവും തികച്ചും വിരുദ്ധ സ്വഭാവമുള്ള രണ്ടു വസ്തുക്കളാണ് അതുകൊണ്ട് രണ്ടും തമ്മിൽ ചേരത്തില്ല എന്നുവെച്ചാൽ ശരീരത്തിൽ ചൈതന്യം വരില്ല പിന്നെ ഇവിടെ ധർമ്മങ്ങൾ തമ്മിലും ചേരത്തില്ല ഇത്രയാണോ ഇവിടെ പറഞ്ഞു വെച്ചത് നവിടെ ഇരിക്കട്ടെ വൈകുന്നേരം തന്നെ തിരിച്ചെത്തി Oh, my God.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 അതുകൊടുത്തിരിക്കുന്ന <coughs> ചോറന്നതി <coughs> സ്വാമി തന്നെ ഇരിക്കണം എന്താ അതെ എന്റെ അഭിപ്രായത്തിൽ ഇവരൊന്നും ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റില്ല യോജിക്കുന്നെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തു വന്ന് മനുഷ്യനാകുമ്പോഴേ ഗുരു എന്താ പറയുന്നു മനുഷ്യരായി കഴിയില്ല ആൾക്കാരോടൊന്നും പറയാത്ത Yes. <laughs> shine Thank you. <coughs>